യൂണിറ്റ് ഇഷ്ടമുള്ള അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരണം കഥ കേട്ടെങ്കിലേ എനിക്ക് ഉറക്കം വരൂ ശരി ഏത് കഥ വേണം നിനക്ക് അമ്മയെ അനുസരിക്കാത്ത ആട്ടിൻകുട്ടിയുടെ കഥ മതിയോ അതോ അപ്പം പങ്കുവെച്ച കുരങ്ങന്റെ കഥ വേണോ ആ കഥകളൊക്കെ കേട്ടു കേട്ട് എനിക്ക് മതിയായി ഇക്കഴിഞ്ഞ ഓണാവധിക്ക് നമ്മൾ അമ്മാവന്റെ വീട്ടിൽ പോയില്ലേ അപ്പോൾ അവിടുത്തെ ശാന്ത ചേച്ചി എനിക്ക് നല്ലൊരു കഥ പറഞ്ഞു തന്നു അമ്മക്ക് ആ കഥ അറിയാമോ അത്തരം കഥകളെ എനിക്ക് വേണ്ടു അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമോ ഏതു തരം കഥയാണത് നീ പറക്കും തളികയിൽ കയറി ഏഴുകടലും താണ്ടി പാതാളലോകത്തു പോയി അവിടത്തെ കണ്ണാടി മാളികയിൽ സ്വർണം കൊണ്ടുള്ള തൂക്കുമഞ്ചത്തിൽ സ്വപ്നം കണ്ട് മയങ്ങിക്കിടന്ന സുന്ദരിയായ രാജകുമാരിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീര അയ്യോ ഇത്ര വലിയ കഥയൊന്നും അമ്മയ്ക്ക് അറിഞ്ഞുവിടലോ മോനെ അമ്മ ഒന്ന് ആലോചിച്ചു നോക്കൂ ആലോചിച്ചാൽ ഓർമ്മ വരും ആ രാജകുമാരിക്ക് മാമ്പഴത്തിന്റെ മണവും സ്വർണനിറവും കാക്കയെപ്പോലെ കറുത്ത് പാമ്പിനെ പോലെ നീണ്ട തലമുടിയും ഉണ്ടായിരുന്നു എനിക്കാ കഥ അറിഞ്ഞേ കൂടാ അറിയാമെങ്കിൽ അല്ലേ ഓർമ്മ വരേണ്ടു അറിഞ്ഞൂടെ പിന്നെ ചേച്ചി അറിയാം ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഞാൻ കുഴങ്ങിപ്പോവുകയേ ഉള്ളൂ മോന്റെ ശാന്ത ചേച്ചി കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ അവിടെ ധാരാളം പുസ്തകങ്ങൾ വായിച്ച് കഥകളൊക്കെ മനസ്സിലാക്കി വെക്കും എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ പറഞ്ഞു തരും അവൾക്കറിഞ്ഞുകൂടാത്ത കഥകളെ ഇല്ലായിരിക്കും അതുപോലെ എനിക്ക് പറ്റുമോ എന്ത് ഞാനിവിടെ പുസ്തകം വായിച്ചു കൊണ്ടിരുന്നാൽ നിനക്കും നിന്റെ അച്ഛനും ചോറും കറിയും പലഹാരവും ഒക്കെ ആര് വെച്ചു പുസ്തകം വായിച്ചാലേ കഥ പറയാൻ പറ്റുള്ളോ അമ്മേ അതല്ലാതെ വേറെ വഴിയില്ലേ പിന്നെ അമ്മ എന്നോട് പറയുന്ന കഥകളൊക്കെ എവിടുന്ന് പഠിച്ചു അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ മുത്തശ്ശി പറഞ്ഞു കഥകളാണ് അമ്മയുടെ മുത്തശ്ശിക്ക് വെറും ദൈവത്തിന്റെയും മൃഗങ്ങളുടെയും കഥകൾ മാത്രമേ അറിയാമായിരുന്നുള്ളോ രാജകുമാരന്മാരുടെ കഥകളൊന്നും അറിയാൻ പാടില്ലായിരുന്നോ എന്താ നിനക്ക് മൃഗങ്ങളുടെ കഥകളൊന്നും ഇഷ്ടമല്ലേ എന്നാൽ ഞാൻ ഇന്ന് അതൊന്നും പറയാൻ പോകുന്നില്ല അങ്ങനെ അല്ലമ്മേ എനിക്ക് എല്ലാ കഥയും ഇഷ്ടമാണ് കുരങ്ങനെ ചതിച്ചുകൊന്ന് അവന്റെ കരളുകൊണ്ട് ലേഹ്യമുണ്ടാക്കി ഭാര്യയുടെ നെഞ്ചുവേദന മാറ്റാൻ നോക്കിയ ബുദ്ധിയില്ലാത്ത ആ മുതലയുടെ കഥ എനിക്ക് വലിയ ഇഷ്ടമാണ് അമ്മ അതൊരിക്കൽ കൂടി പറയൂ എത്ര കേട്ടാലും മതിവരാത്ത കഥയാണ് അതെനിക്ക് Listen and repeat. I am not going to be a person. I am not going to be a person. I am not going to be a person. അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരണം അമ്മ എനിക്കൊരു കഥ പറഞ്ഞു തരണം കഥ കേട്ടെങ്കിലേ എനിക്ക് ഉറക്കം വരൂ കഥ കേട്ടെങ്കിലേ എനിക്ക് ഉറക്കം വരും ശരി ഏത് കഥ വേണം നിനക്ക് ശരി ഏത് കഥ വേണം നിനക്ക് അമ്മേ അനുസരിക്കാത്ത ആട്ടിൻകുട്ടിയുടെ കഥ മതിയോ അമ്മയെ അനുസരിക്കാത്ത ആട്ടിൻകുട്ടിയുടെ കഥ മതിയോ അതോ അപ്പം പങ്കുവെച്ച കുരങ്ങന്റെ കഥ വേണോ അതോ അപ്പം പങ്കുവച്ച കുരങ്ങന്റെ കഥ വേണോ ആ കഥകളൊക്കെ കേട്ടുകേട്ട് എനിക്ക് മതിയായി ആ കഥകളൊക്കെ കേട്ടു കേട്ട് എനിക്ക് മതിയായി ഇക്കഴിഞ്ഞ ഓണാവധിക്ക് ഇക്കഴിഞ്ഞ ഓണാവധിക്ക് നമ്മൾ അമ്മാവന്റെ വീട്ടിൽ പോയില്ലേ നമ്മൾ അമ്മാവന്റെ വീട്ടിൽ പോയില്ലേ അപ്പോൾ അവിടുത്തെ ശാന്ത ചേച്ചി അപ്പോൾ അവിടുത്തെ ശാന്ത ചേച്ചി എനിക്ക് നല്ലൊരു കഥ പറഞ്ഞു തന്നു എനിക്ക് നല്ലൊരു കഥ പറഞ്ഞു തന്നു അമ്മയ്ക്ക് ആ കഥ അറിയാമോ അമ്മയ്ക്ക് ആ കഥ അറിയാമോ അത്തരം കഥകളെ എനിക്ക് വേണ്ടു അത്തരം കഥകളെ എനിക്ക് വേണ്ടു അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമോ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുമോ ഏത് തരം കഥയാണത് ഏതു തരം കഥയാണത് നീ പറ നീ പറക്കും തളികയിൽ കയറി പറക്കും തളുകയിൽ കയറി ഏഴു കടലും താണ്ടി ഏഴുകടലും താണ്ടി പാതാളലോകത്തുപോയി പാതാളലോകത്തുപോയി അവിടത്തെ കണ്ണാടിമാളികയിൽ അവിടത്തെ കണ്ണാടിമാളികയിൽ സ്വർണം കൊണ്ടുള്ള തൂക്കുമഞ്ചത്തിൽ സ്വർണം കൊണ്ടുള്ള തൂക്കുമഞ്ചത്തിൽ സ്വപ്നം കണ്ട് മയങ്ങിക്കിടന്ന സ്വപ്നം കണ്ട് മയങ്ങിക്കിടന്ന സുന്ദരിയായ രാജകുമാരിയെ സുന്ദരിയായ രാജകുമാരിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന കല്യാണം കഴിച്ചുകൊണ്ടുവന്ന വരരാജകുമാരന്റെ കഥയാണത് വീര രാജകുമാരന്റെ കഥയാണത് അയ്യോ ഇത്ര വലിയ കഥയൊന്നും അമ്മയ്ക്ക് അറിഞ്ഞുവിടല്ലോ മോനെ അയ്യോ ഇത്ര വലിയ കഥ ഒന്നും അമ്മക്ക് അറിഞ്ഞു വിടല്ലോ മോനെ അമ്മ ഒന്നാലോചിച്ചു നോക്കൂ അമ്മ ഒന്നാലോചിച്ചു നോക്കൂ ആലോചിച്ചാൽ ഓർമ്മ വരും ആലോചിച്ചാൽ ഓർമ്മ വരും ആ രാജകുമാരിക്ക് മാമ്പഴത്തിന്റെ മണവും ആ രാജകുമാരിക്ക് മാമ്പഴത്തിന്റെ മണവും സ്വർണനിറവും കാക്കയെപ്പോലെ കറുത്ത് സ്വർണനിറവും കാക്കയെപ്പോലെ കറുത്ത് പാമ്പിനെപ്പോലെ നീണ്ട തലമുടിയും ഉണ്ടായിരുന്നു പാമ്പിനെ പോലെ നീണ്ട തലമുടിയും ഉണ്ടായിരുന്നു എനിക്കാ കൂട എനിക്കാ കഥ അറിഞ്ഞേ കൂടാ അറിയാമെങ്കിൽ അല്ലേ അറിയാമെങ്കിൽ അല്ലേ ഓർമ്മ വരേണ്ടു അമ്മയ്ക്ക് അറിഞ്ഞുവിടെങ്കിൽ പിന്നെ ശാന്ത എങ്ങനെ അറിയാം അമ്മയ്ക്ക് അറിഞ്ഞൂടെങ്കിൽ പിന്നെ ശാന്ത എങ്ങനെ അറിയാം ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഞാൻ കുഴങ്ങിപ്പോവുകയേ ഉള്ളു ഇങ്ങനത്തെ ചോദ്യം ചോദിച്ചാൽ ഞാൻ കുഴങ്ങിപ്പോവുകയേ ഉള്ളു മോന്റെ ശാന്ത ചേച്ചി കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ മോന്റെ ശാന്ത ചേച്ചി കോളേജിൽ പഠിക്കുന്ന കുട്ടിയല്ലേ അവൾ അവിടെ ധാരാളം പുസ്തകങ്ങൾ വായിച്ച് അവൾ അവിടെ ധാരാളം പുസ്തകങ്ങൾ വായിച്ച് കഥകളൊക്കെ മനസ്സിലാക്കി വയ്ക്കും കഥകളൊക്കെ മനസ്സിലാക്കി വയ്ക്കും എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ ഉടനെ പറഞ്ഞു തരും ഉടനെ പറഞ്ഞു തരും അവൾക്കറിഞ്ഞുകൂടാത്ത കഥകളെ ഇല്ലായിരിക്കും അവൾക്കറിഞ്ഞുകൂടാത്ത കഥകളെ ഇല്ലായിരിക്കും അതുപോലെ എനിക്ക് പറ്റുമോ അതുപോലെ എനിക്ക് പറ്റുമോ എന്തു കൊണ്ട് പറ്റില്ല എന്തുകൊണ്ട് പറ്റില്ല ഞാനിവിടെ പുസ്തകം വായിച്ചു ഞാൻ ഇവിടെ പുസ്തകവും വായിച്ചു കൊണ്ടിരുന്നാൽ നിനക്കും നിന്റെ അച്ഛനും ചോറും കറിയും പലഹാരവും ഒക്കെ നിനക്കും നിന്റെ അച്ഛനും ചോറും കറിയും പലഹാരവും ഒക്കെ ആര് വെച്ചു രും പുസ്തകം വായിച്ചാല് കഥ പറയാൻ പറ്റുള്ളോമ്മേ പുസ്തകം വായിച്ചാല് കഥ പറയാൻ പറ്റുള്ളോമ്മേ അതല്ലാതെ വേറെ വഴിയില്ലേ അതല്ലാതെ വേറെ വഴിയില്ലേ പിന്നെ അമ്മ എന്നോട് പറയുന്ന കഥകളൊക്കെ എവിടുന്ന് പഠിച്ചു പിന്നെ അമ്മ എന്നോട് പറയുന്ന കഥകളൊക്കെ എവിടുന്ന് പഠിച്ചു അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ മുത്തശ്ശി പറഞ്ഞുതന്ന കഥകളാണ് അതൊക്കെ എന്റെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ മുത്തശ്ശി പറഞ്ഞുതന്ന കഥകളാണ് അമ്മയുടെ മുത്തശ്ശിക്ക് വെറും ദൈവത്തിന്റെയും മൃഗങ്ങളുടെയും അമ്മയുടെ മുത്തശ്ശിക്ക് വെറും ദൈവത്തിന്റെയും മൃഗങ്ങളുടെയും കഥകൾ മാത്രമേ അറിയാമായിരുന്നുള്ളോ കഥകൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ രാജകുമാരന്മാരുടെ കഥകളൊന്നും അറിയാൻ പാടില്ലായിരുന്നോ രാജകുമാരന്മാരുടെ കഥകളൊന്നും അറിയാൻ പാടില്ലായിരുന്നോ എന്താ നിനക്ക് മൃഗങ്ങളുടെ കഥകളൊന്നും ഇഷ്ടമല്ലേ എന്താ നിനക്ക് മൃഗങ്ങളുടെ കഥകളൊന്നും ഇഷ്ടമല്ലേ എന്നാൽ ഞാൻ ഇന്ന് അതൊന്നും പറയാൻ പോകുന്നില്ല എന്നാൽ ഞാൻ ഇന്ന് അതൊന്നും പറയാൻ പോകുന്നില്ല അങ്ങനെയല്ലമ്മേ എനിക്ക് എല്ലാ കഥയും ഇഷ്ടമാണ് അങ്ങനെയല്ലമ്മേ എനിക്ക് എല്ലാ കഥയും ഇഷ്ടമാണ് കുരങ്ങനെ ചതിച്ചു കൊന്ന് കുരങ്ങനെ ചതിച്ചുകൊന്ന് അവന്റെ കരലുകൊണ്ട് ലേഹ്യമുണ്ടാക്കി അവന്റെ കരലുകൊണ്ട് ലേഹ്യമുണ്ടാക്കി ഭാര്യയുടെ നെഞ്ചുവേദന മാറ്റാൻ നോക്കിയ ഭാര്യയുടെ നെഞ്ചുവേദന മാറ്റാൻ നോക്കിയ ബുദ്ധിയില്ലാത്ത ആ മുതലയുടെ കഥ ബുദ്ധിയില്ലാത്ത ആ മുതലയുടെ കഥ എനിക്ക് വലിയ ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് അമ്മ അതൊരിക്കൽ കൂടി പറയൂ അമ്മ അതൊരിക്കൽ കൂടി പറയൂ എത്ര കേട്ടാലും മതിവരാത്ത കഥയാണ് അതെനിക്ക് എത്ര കേട്ടാലും മതിവരാത്ത കഥയാണത് എനിക്ക്